ജനസ്നേഹമുള്ള ഒരു പ്രാക്ടീഷണർ ആണെങ്കിൽ അയാൾ നോക്കുന്ന ഒറ്റ കാര്യത്തിലായിരിക്കും ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റിലെ പ്ലാസ്റ്റിബോ എഫക്ട് അവിടെ നിൽക്കുന്നു മനസ്സിലായില്ല ദശാംശം എട്ട് ശതമാനം പ്രതീക്ഷിക്കുന്ന ഒരു മരുന്നിന് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം പ്ലാസ്റ്റിബോ ഡബിൾ ബ്ലൈൻഡില് കൃത്യമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അമ്പത്തിരണ്ട് ശതമാനവും പ്ലാസ്റ്റിബോയുടെ ചേരുവ ചേർന്നതാണെന്ന് കണ്ടെത്താൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല മനസ്സിലായില്ല ആ മെഡിസിൻ ഇട്ട പേര് ആ മെഡിസിനെ കവർ ചെയ്യുന്ന കവറ് ആ മെഡിസിൻ ബാക്കി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം പ്ലാസ്റ്റിബോ എഫക്റ്റിനെ കൂട്ടുവാൻ സാധ്യതയുണ്ടെന്ന് ചേർക്കുമ്പോൾ ഈ മുപ്പത്തിയേഴ് ദശാംശം എട്ട് വലിയൊരു ശതമാനമായി മാറുമ്പോൾ മെഡിസിൻ അതിന്റെ എഫക്ട് നള്ളാൻ പോയിട്ടാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് പഠിക്കുന്നത് മോശമാണ് മനസ്സിലായില്ല നല്ല കരുവ പിടി കിട്ടുമെന്ന് എനിക്കറിയില്ല ഏ കുറച്ചെങ്കിലും അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ആ ഏ ആവശ്യത്തിനായി നോക്കുന്നത് പ്ലാസ്റ്റിബോ എന്ന് പറഞ്ഞാൽ ഡബിൾ ബ്ലൈൻഡിൽ നിങ്ങൾക്ക് ഡോക്ടർ അറിയാതെ ഇന്ന മരുന്നാണ് എന്ന ഡോക്ടർ പോലും മരുന്നും മരുന്നില്ലാത്തതുമായ കാപ്സ്യൂൾ തിരിച്ചറിയാതെ ഡോക്ടറെ അന്ധനാക്കി രോഗിയെ അന്ധനാക്കി മരുന്നിനോടും മരുന്നില്ലാത്തതിനോടും യാതൊരു മമതയും വരാതെ അത് കൊടുക്കാൻ രോഗിയെ പരീക്ഷണത്തിന് വിധേയമാക്കി ഇത്ര രോഗികളെ എടുത്ത് ഇത്ര പേർക്ക് മരുന്നു ഇത്ര കൊടുക്കുന്നു മരുന്ന് കൊടുത്തത് ആർക്കാണ് മരുന്നില്ലാത്തത് കൊടുത്തത് ആർക്കാണെന്ന് ഡോക്ടർക്കും അറിയില്ല രോഗിക്കും അറിയില്ല അവർ രണ്ടുപേരും ബ്ലൈൻഡാണ് സോ ഡബിൾ ബ്ലൈൻഡ് ഏ നേരത്തെ പറഞ്ഞത് അപ്പൊ മരുന്ന് ഇല്ലാത്ത ഒരു സാധനം അപ്പുറത്ത് കൊടുക്കുന്നു അതിനും എഫക്റ്റ് ഉണ്ടാവും പലപ്പോഴും പ്ലാസ്റ്റിബോ എഫക്ട് മെഡിസിനൽ എഫക്റ്റിനെ ഉല്ലംഘിക്കുന്നു ഇത് പരീക്ഷണത്തിലെ വലിയൊരു പ്രഹേളികയാണ് ഇതുകൊണ്ട് പുറത്തുവിട്ടാൽ മെഡിക്കൽ സയൻസിന് ഏത് നിൽക്കുന്നത് ആ അടിത്തറ അപ്പോഴാണ് പഴയ ആളുകൾ നല്ല വൈദ്യന്മാർ വെള്ളം എടുത്തു കൊടുത്ത് എന്നൊക്കെ പറയുന്നതിനെ അംഗീകരിക്കേണ്ടി വരും എഫക്റ്റിനെ ഉല്ലംഘിക്കുന്ന പരീക്ഷണങ്ങളുണ്ട് യൂറോപ്പിലെ ലാബുകളിൽ ബയോകെമിസ്റ്റിന്റെയും മോളിക്കുലർ ബയോളജിസ്റ്റിന്റെയും ജനറ്റിക്സിൽ അദ്വിതീയനായ പരീക്ഷകന്റെയും ഒക്കെ ഉറക്കം കെടുത്തുന്നത് പ്ലാസ്റ്റിബോ എന്ന സൂത്രധാരണ ായി കളിക്കുന്നുണ്ടെന്ന് അപ്പോ അത്തരം പരീക്ഷണങ്ങളിൽ അതായിരിക്കും അവർ നോക്കുന്നത് നമുക്കിവിടെ കൺട്രോൾ എക്സ്പെരിമെന്റ് ആണ് ഡബിൾ ബ്ലൈൻഡാണ് ഒക്കെ നടത്തിയത് മെരി കുക്ക് അവര് കണ്ടത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളിൽപ്പെട്ട റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ്റ്റമിക്സ് എറിത്തീമറ്റോസിസ് അത് ഈ മുഖത്തിൻ്റെ ഇവിടെ ഒരു ചുവന്ന കലയുണ്ടാവും അത് കണ്ണാടിയിൽ പോയി നോക്കിയത് കൊണ്ടോന്നു നോക്കരുത് കാരണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതല്ല ഡോക്ടർമാർക്ക് നോക്കിയാൽ മനസ്സിലാവും സന്ധുക്കളിലൊക്കെ വേദന ചിലപ്പോൾ സന്ധുക്കളിലെല്ലാം നീരുണ്ടാവും ആർത്രൈറ്റിസിൻ്റെ ലക്ഷണം എല്ലാം ഉണ്ടാവും ഒഴിവ് ചെറിയ ചുമന്ന ഇതുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആറ് ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും കൂട്ടത്തിൽ പോയി എ എൻ എ ആന്റിന്യൂക്ലിയർ ഫാക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറയും അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും അങ്ങനെയൊക്കെ വരുന്ന രോഗങ്ങൾ ൂൺ ഡിസീസാണ് ഇമ്മ്യൂണിറ്റി ഡിസോർഡറാണ് അത് ഈ പരാതങ്ങൾ ഉള്ള ശരീരത്തിൽ കാണുന്നില്ല ടൈപ്പ് വൺ ഡയബറ്റിസ് പരാതങ്ങൾ ഉള്ളപ്പോൾ കാണുന്നില്ല ഈ പരാതങ്ങൾ ബാധിക്കുമ്പോൾ പ്രമേഹം മാറി നിൽക്കുന്നു ഇതൊക്കെയാണ് വളരെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാണ് മറ്റേ ക്രോൺസില് വിശപ്പില്ലായ്മ അതുപോലെ തന്നെ ക്രാംസ് ഒക്കെ ഉണ്ടാവും പിടിച്ചു വലിക്കുന്ന പോലെ ഉണ്ടാവും അപ്പൊ രോഗങ്ങളിൽ ഈ പരാതങ്ങൾ സഹായകമാകുന്നു എന്നാണ് ഈ ബുക്ക് കണ്ടത് നമ്മുടെ പ്രതിരോധ ശക്തിയുടെ ഒരു അസാധാരണ പ്രവർത്തനമാണ് ഓട്ടോ ഡിസീസ് നമ്മുടെ പ്രതിരോധ ശക്തി തന്നെ സ്വയം വിപരീതമാവുകയാണ് ഒരു അസാധാരണ പ്രവർത്തനത്തിൽ അവിടെ നമ്മുടെ തന്നെ കോശങ്ങൾക്ക് എതിരായി പ്രതിരോധ ശക്തി മാറുകയാണ് അതിനെയാണ് ഓട്ടോ എന്ന് പറയുന്നത് പുറത്തൊന്നും ആരുമില്ല നമ്മൾ തന്നെ നമുക്കെതിരാവുക ഒട്ടേറെ രോഗങ്ങൾ ഈ വകുപ്പിലിപ്പോ വന്നോണ്ടിരിക്കുകയാണ് അവയ്ക്കൊന്നും കാര്യമായ ചികിത്സയില്ല മെഡിക്കൽ സയൻസ് അസംഷൻസ് കോമ്പിനേഷൻസ് പെർമ്യൂട്ടേഷൻസ് ഒക്കെയാണ് ഇതിനാകെ മരുന്നത് ദ ഡോക്ടർ എന്ന് പ്രസിദ്ധമായൊരു നോവലുണ്ട് വായിച്ചിട്ടുണ്ടോന്നറിയില്ല ഏ അല്ല അദ്ദേഹത്തിന്റെ ഒരുപാട് നോവലുണ്ട് ക്ലാസ് റൂം എന്നൊരു നോവലുണ്ട് കേട്ടിട്ടുണ്ടോന്നറിയില്ല അത് ഏതെങ്കിലും നോവൽ എഴുതിയാൽ നിങ്ങളുടെ കേരളത്തിലെ ഒരു സംവിധായകൻ ആ അടുത്ത ദിവസം അത് പടമാക്കും അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പടങ്ങൾ കിട്ടിയിട്ടുണ്ട് ക്ലാസ്മെയ്റ്റ്സ് അതിലൊരു അവസാനത്തതാണ് ക്ലാസ് റൂമാണ് ആ പടം ഇംഗ്ലീഷിലെ പ്രസിദ്ധമായ ഒരു എഴുത്തുകാരൻ്റെ നോവലാണ് പറഞ്ഞത് കാണും പക്ഷെ ഒരു വയസ്സ് കാണുന്നില്ല ഞങ്ങളൊക്കെ പറയുക ഈ സംവിധായകനെ അയാള് കോപ്പി അടിക്കുകയാണെന്നാണ് ഞങ്ങള് പറയുന്നത് അല്ലാതെ മലയാളി അവരെ കോപ്പി അടിക്കാറില്ല ഭാരതീയരെ കോപ്പി അടിക്കുകയാണ് പാശ്ചാത്യം ചെയ്യുന്നത് മുഴുവൻ ആണ് നമ്മൾ പറയുക നല്ല കഥ ക്ലാസ്മേറ്റ്സ് ഒന്നും കണ്ടില്ല നിങ്ങളെ ആരെയൊക്കെയോ ക്യൂവിൽ കണ്ടെന്ന് തോന്നുന്നു അയ്യരും രവിയരും തോന്നില്ലേ എറണാകുളം നോക്കുന്നല്ലിഹാജി വീട്ടിൽ എത്തും വല്ലതും പറഞ്ഞാൽ അപ്പോ അതില് അദ്ദേഹം ഇരുപത്തിയാറ് എന്നൊരക്കമോ മറ്റുമാണ് എഴുതുന്നത് അത് ഓക്സ്ഫോർഡിലെ മെഡിക്കോസിന്റെ സമ്മേളനമാണ് നിയോ മെഡിക്കോസിന്റെ അവരുടെ ഫെയർവെൽ സമ്മേളനമാണ് അതിലൊരു പ്രോസറെ ആണ് കാണിക്കുന്നത് അദ്ദേഹം ബോർഡിൽ ഇരുപത്തിയാറ് എന്നൊരക്കം എഴുതി തുടക്കത്തിൽ എന്താണെന്ന് അറിയാൻ ആകാംക്ഷയോടെ കുട്ടികളിരിക്കുകയാണ് അവസാനമാണ് അദ്ദേഹം പറഞ്ഞേ നമ്മുടെ കയ്യിൽ ആകെ ഇരുപത്തി ആറ് രോഗങ്ങൾക്കുള്ള മരുന്നേ ഉള്ളൂ വേറെ അഞ്ചു വയസ്സേടെ മരുന്ന് നമ്മുടെ കയ്യിലില്ല പക്ഷെ എല്ലാ രോഗത്തിനും നമ്മൾ ചികിത്സിക്കും കോമ്പിനേഷൻസ് അസംഷൻസ് കാരണം മരുന്നില്ലെങ്കിലും നമ്മൾ ഇത് കൂട്ടി പോയി കൊടുക്കും മനസ്സിലായില്ല എന്നതുപോലെ പലതും ചെയ്യുന്നു മാത്രമേ ഉള്ളൂ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾക്ക് പലപ്പോഴും ഔഷധങ്ങളില്ല കൊടുക്കുന്നത് പലതും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അവയെ ഇല്ലാതാക്കുന്നതിൽ അവ വരാതിരിക്കുന്നതിൽ പരാതങ്ങളുടെ പമ്പ് നമ്മുടെ തന്നെ കോശങ്ങൾക്ക് വിരുദ്ധമായി ആന്റിബോഡികൾ ഉണ്ടാക്കുന്ന നമ്മുടെ തന്നെ പ്രതിരോധ ശക്തി ടൈപോൺ ഡയബറ്റിസ് ഓട്ടോ ആണ് അവിടെ ഉദാഹരണമായി പറഞ്ഞാൽ ദൃഷ്ടാന്തമായി പറഞ്ഞാൽ ടൈപോൺ ഡയബറ്റിസ് ിയാറ്റിക് കോശങ്ങളെ ഈ പ്രതിരോധ ശക്തി നശിപ്പിക്കുകയാണ് വേറൊന്നുമല്ല അങ്ങനെ നശിപ്പിക്കുകയും ഇൻസുലിൻ ഉൽപാദനം ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് ഡയബറ്റീസ് അവിടെ നൂറ് ശതമാനവും ഇൻസുലിന്റെ ഉത്പാദനം നിൽക്കും ഇപ്പൊ പ്രകൃതിയുടെ സമഗ്രതയാണ് പ്രശ്നങ്ങൾക്ക് സുവ്യക്തമായ പരിഹാരമെന്നും ആനീക്കൂ പറഞ്ഞു കഴിഞ്ഞു അർബുദത്തിന്റെ പഠനത്തിൽ ഇത് നമുക്ക് വളരെ പ്രയോജനപ്രദവും വളരെ അത്യാവശ്യവും അത്യന്താപേക്ഷിതവുമാണ് അതിനു പറഞ്ഞത് ഇവിടെ പ്രഭാവത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞതുകൊണ്ടാണ് ഒട്ടേറെ ഔഷധങ്ങൾ വരുത്തിവെക്കുന്ന രോഗങ്ങളും ഒട്ടേറെ പരാതങ്ങൾ തന്നെ നിർമാർജനം ചെയ്യുന്നുണ്ട് അവന്റെ ശരീരത്തിൽ ഏതെങ്കിലും വൈറസും അമിതയും ബാക്ടീരിയുമൊക്കെ പിടിപെട്ടു എന്ന് പറഞ്ഞ് ഉടനെ പേടിച്ചോടി വിഷമിക്കാനൊന്നുമില്ല ഓട്ടോ ഇമ്യൂൺ ഡിസീസുകളിൽ ജനിതക മാത്രമാണെന്ന് വഴി അത് വളരെ കോസ്റ്റ്ലിയാണ് അൺഹൈജീനിക്ക് ആയിട്ട് ആവില്ല അനാരോഗ്യകരമായ ചുറ്റുപാടി പോയി ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഇവയെ സംബന്ധിച്ചുള്ള വളരെ ബോൾഡായിട്ടുള്ള ഒരു പരീക്ഷണവും നിരീക്ഷണവും ഇന്ന് ലോകത്തിന് അനിവാര്യമായിരിക്കുകയാണ് അതൊക്കെ ചികിത്സാ ശാസ്ത്രജ്ഞർ ചികിത്സാ വേളകളിൽ ചെയ്യുമ്പോഴാണ് ജനത്തിന് പ്രയോജനം ഉണ്ടാകുന്നത് അവിടെ പഠനം കഴിയുന്നില്ല അതാണ് ഇതിന്റെ വൈകല്യം പഠിച്ചു വെച്ചതിനപ്പുറം തൻ്റെ മനസ്സ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല ചരക സുശ്രുതാദികളുടെയൊക്കെ മേന്മ ഇതിൽ നിന്ന് വ്യത്യസ്തമായി അധ്യാപകനായാൽ പിന്നെ അക്ഷരം വായിക്കരുതെന്നുള്ള പോലെ വൈദ്യശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കയ്യിലുള്ളത് കൊണ്ട് ചികിത്സിക്കാന്നല്ലാതെ അതിലെ പുതിയ അറിവുകൾക്ക് പ്രാധാന്യം ആരും കൊടുക്കാറില്ല ശരിയല്ല തോന്നുന്നു അല്ലെ നല്ല അധ്യാപകർക്ക് അക്ഷരവിരോധികളാണെന്ന് തോന്നുന്നു ശരിയല്ല മാക്സിമം മലയാളികള് എത്ര വിദ്യാഭ്യാസം നേടിയാലും കുറെ മാപ്രസിദ്ധീകരണങ്ങൾ വണ്ടിയിൽ യാത്രയും വായിക്കുന്നതിൽ അപ്പുറം അറിവിന്റെ ആഴങ്ങളിലേക്ക് പോകില്ല എന്ന് തോന്നുന്നു വൈകാരിക പ്രാധാന്യമുള്ള കുറെ പ്രഭാഷണങ്ങളോ കലാപരിപാടികളോ ഒക്കെ കാണുമെന്നുള്ളതല്ലാതെ വൈചാരിക പ്രാധാന്യമുള്ള പഠനങ്ങൾക്ക് അവർ ബുദ്ധിയെ വിനിയോഗിക്കില്ല എന്ന് തോന്നുന്നു നിങ്ങടെ ഇരിപ്പ് കണ്ടിട്ടാകുമ്പോഴേ പേടിച്ചു എന്ത് പേടിക്കും ഇതിലേ കണ്ണാടി കൊല്ലം ഉണ്ടോ പേടിച്ചു എന്ന് പറയുമ്പോ നമ്മുടെ മുഖത്തിനുമല്ല കടുവയുടെ ഒന്ന് കാണാൻ എന്റെ മുഖം എനിക്ക് കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ പേടിപ്പിക്കുന്നവരുടെ ഭാവമൊക്കെ എന്റെ മുഖത്തുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ വിചാരിച്ച അത്ര വല്യ മോശമൊന്നും അല്ല വിമാതിരി കേതൊക്കെയാണെന്ന് അറിയാൻ നീ പറഞ്ഞപ്പോഴായിപ്പം മനസ്സിലായി നീ പറഞ്ഞപ്പോഴാ ഇപ്പൊ മനസിലായത് നമ്മുടെ മോന്തര മോശമാണ് അല്ലേ അപ്പോ പ്രഭാവച രോഗങ്ങളെ പഠിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗമായി വൈദ്യജന്യ രോഗങ്ങൾ ഉണ്ടാവും വൈദ്യജന്യം പല വിഭാഗത്തിലാണ് പ്രാചീന തന്നെ പെടുത്തിയിരിക്കുന്നത് സാംസ്കാരികം സാമൂഹികം ഒക്കെയുണ്ട് വൈദ്യശാസ്ത്ര സംബന്ധം അതിൽ തന്നെ ഭിന്ന ഭിന്ന വിഭാഗങ്ങൾ സോഷ്യൽ കൾച്ചറൽ സോഷ്യൽ അയാട്രോജനിക് കൾച്ചറൽ അയാട്രോജനിക്ലിനിക്കൽ അയാട്രോജനിക് ഇങ്ങനെ പല വിഭാഗങ്ങൾ അതുകൊണ്ടാണ് പച്ച എഴുതിയിൽ എഴുതിയിരുന്നത് കാലത്തിന് ആയുസ് മാത്രമേ വൈദ്യം നിങ്ങളുടെ ആയുസും പണവും എടുക്കും അങ്ങനല്ലേ അങ്ങനെ പറയണ്ടുള്ളത് ഒരുപാട് സുഭാഷിതങ്ങളുണ്ട് വൈദ്യജാത്ര ഇതൊക്കെ ഉണ്ടായത് അന്ന് ഇതൊക്കെ ഉണ്ട് എല്ലാ പുള്ളിക്കരുതാരി പണ്ട് പോലെ ഉണ്ട് നന്മയും പണ്ട് പോലെയുണ്ട് ഇത് കൂടിയിരിക്കുന്നത് ഏത് കാലത്തിലാണെന്നോ മാത്രം നോക്കിയാൽ മതി അല്ലാതെ പണ്ടെല്ലാം നല്ലതായിരുന്നു അങ്ങനെ വിചാരിക്കണ്ട ഇതൊക്കെയുണ്ട് നന്മതിന്മകളുടെ സമ്മിശ്രമാണ് ഈ ലോകം അത് ഇന്നും നന്മകളൊക്കെ ഉണ്ട് നന്മ മുഴുവനൊന്നും മറിഞ്ഞു പോയിട്ടില്ല മറിഞ്ഞുപോയാലും ജീവിക്കുകയില്ലല്ലോ ഇന്നും ഒരു കളവ് പോലും പറയാത്ത ഒരിക്കൽ പോലും കള്ളം ആരെങ്കിലും പറയേണ്ടത് കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത ധാരാളം ആളുകൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടാവും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ കള്ളം പറയുന്നവനും കൊള്ളക്കാരനും ഒക്കെയാണ് നമ്മളുടെ സംസ്കൃതിയോട് ബന്ധപ്പെടുന്നതെങ്കിൽ നമുക്ക് ചേർന്നത് ബന്ധപ്പെടുന്നെടുത്താൽ മതി ഒന്നല്ല നമ്മള് തൃപ്പൂണിത്തറ തന്നെ താമസിക്കുന്ന ആളുകൾ എടുത്ത എല്ലാം വ്യത്യസ്ത ലോകമാണ് ശരിയല്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന് ഏത് കള്ളം പറയണം ഏത് കള്ളത്തിൽ തുടങ്ങണം എന്ന് ചിന്തിക്കുന്നടം മുതല് ജീവിതം മുഴുവൻ കള്ളത്തരത്തിലൂടെ കൊണ്ടുപോകുന്ന കുറെ ആളുകളുടെ ഒരു കൂട്ട് കിട്ടും സത്യം മാത്രം പറയുന്നവരുടെ കാൾക്കൂട്ട് കിട്ടും സത്യം പറയുന്നതും കള്ളം പറയുന്നതും സംവിശ്രമായ കൂട്ട് കിട്ടും ഒക്കെ ഉള്ളതല്ലോ അതൊരു അറിയില്ല അതിനനുസരിച്ചുള്ള രോഗങ്ങളുമൊക്കെ നമുക്കുണ്ടാവും നിങ്ങൾ വിചാരിച്ച് എല്ലാ ഒരു ലോകത്തുനിന്ന് ജീവിക്കുന്ന ഒരു വീട്ടിൽ തന്നെ പല ലോകങ്ങളിലാണ് നമ്മുടെ ജീവിക്കുന്നു ഏ ഒരു വീടിനകത്ത് തന്നെ കാരണം അഞ്ച് അംഗങ്ങൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ അതില് മൂന്നുപേരൊരു ഗ്രൂപ്പായിരിക്കും ചിലപ്പോ രണ്ടുപേർ ആ ഗ്രൂപ്പിൽ പെടാത്തായിരിക്കും ഒരു ഗ്രൂപ്പിലും വിടാതെ ഒറ്റയ്ക്ക് ഒരുത്താൻ കാണും ചിലപ്പോ ഒരു ഒറ്റയാണ് ശരിയല്ല അതൊന്നും ആയി പൊരുതപ്പെടാത്ത നിങ്ങൾ എന്താണെന്ന് കാണി എനിക്കൊന്നും പറഞ്ഞില്ല ഞാൻ അതിനൊന്നുമില്ല എനിക്ക് എന്റെ സ്വസ്ഥതയും കാര്യമൊക്കെ നിങ്ങൾ ചെയ്യുവോ പരിപാടി നടത്തോ എന്തുവേണം ചെയ്തോ കണ്ടിട്ടില്ല ആ വീട്ടിലെ താമസിക്കണമെന്ന് പറയേണ്ട കാര്യമുണ്ടോ ആരെങ്കിലും ചോദിക്ക എന്തോ അവിടെ അയ്യോ ആവോ ഞാൻ കേട്ടില്ല ഏഹ് അവിടെ കേട്ടു ഞങ്ങൾ അയോഗംകാരായിട്ട് കേട്ടല്ല വേള എനിക്കറിയില്ല അവിടെ പോയി അന്വേഷിച്ചു കേട്ടിട്ടില്ല ന്യൂസറിയാൻ വേണ്ടിയായി വിചാരിച്ചു പക്ഷെ അവൻ അറിഞ്ഞിട്ട് തന്നെ അല്ലേ വെച്ചേ വേളു ഏ എന്തൊക്കെയോ അവിടെ പ്രശ്നമാണ് ഞാൻ അറിഞ്ഞില്ല സത്യ പറയുന്ന അവിടെയല്ലേ താമസിക്കും അവിടെ തന്നെ ഞാൻ താമസിക്കുന്നു ഞാനറിഞ്ഞില്ല നിങ്ങൾ അറിഞ്ഞ ഒന്നും ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ അപ്പുറത്തെ മുറിയിൽ അച്ഛനും ഇപ്പറത്തെ മുറിയിൽ അമ്മ മറ്റേ മുറിയിൽ സഹോദരങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യവും തിരിച്ചറിയാതെ ആ വീട്ടിൽ തന്നെ താമസിച്ച് അവിടെ കഞ്ഞി പിടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി സ്വസ്ഥമായി ശാന്തമായി ജീവിതം അവസാനം വരെ കൊണ്ടുപോകുന്ന ധാരാളം ആളുകൾ ലോകത്തുണ്ട് എവിടെ എന്ത് നടന്നാലും പോയി അന്വേഷിച്ച് കൃത്യമായി പിടിച്ച് അത് എങ്ങനെയൊക്കെ കൊളമാക്കണമെന്ന് ചിന്തിച്ച് എങ്ങനെയൊക്കെ അസ്വസ്ഥത ചിന്തിച്ച് രോഗിയായി തീരുന്ന ധാരാളം ആളുകൾ വേണ്ടാത്ത കാര്യമല്ലോ അപ്പുറത്ത് നമ്മൾ അറിയണ്ടാത്തതുമല്ലോ അപ്പുറത്ത് വല്ലവരും എടുത്താൽ അതറിയാതിരൊന്നും സ്വസ്ഥമായി അതിൽ പെട്ടില്ലല്ലോ എന്ന് സമാധാനിക്കുന്നതിനേക്കാൾ എന്നെ നീ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് അസ്വസ്ഥമാകുന്നവർ ശരി ഏ എന്നോടൊരു വാക്കു പറഞ്ഞോ ഒന്ന് ആലോചിച്ചോ ശരിയല്ല പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ രോഗം വളരെ കൂടുതലാണ് എന്നാൽ പ്രായമായിരിക്കും കണ്ണും കാണലോ ഇതുവാകുകയില്ല എന്നാ പിന്നെ ഒതുവകെട്ടിരുന്നേക്കാ നമ്മളറിയാത്തടത്തോളം നന്നായി അച്ഛൻ അറിഞ്ഞില്ലേ അവൻ അറിയില്ല എന്റെ മക്കളെ ഞാൻ ഈ പ്രായിട്ടുണ്ടായിരിക്കും അറിയുന്നതും അറിയാത്തതും ഒക്കെ ഒരുപോലെ പറയാതിരുന്നോണ്ട് നന്നായി ശരിയല്ല ഇങ്ങനുള്ള അച്ഛന്മാരൊക്കെ ഉണ്ടോ വീട്ടിലില്ല നോക്കിയിരുന്ന അസ്വസ്ഥത ഉണ്ടാക്കി അവസാന കാലത്ത് പിള്ളേര് പോലും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് ആശുപത്രിയിലും കൊടുത്ത് ജീവിക്കുന്ന ഉണ്ട് തള്ളിയൊക്കെ ആയിരുന്നു മിക്കവാറും പരിഷ്കൃത അല്ല കൂടെ ജീവിക്കുന്നത് അങ്ങ് കൊത്തത് വേണല്ലോ കൂടെ ജീവിക്കാൻ ഇതൊന്നും എനിക്ക് പിടിക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നു ഞാൻ പറയുന്ന ഒന്നും ശരിയല്ല എന്ന് തോന്നുന്നു അപ്പൊ ഇങ്ങനെയല്ല ഒട്ടേറെ ഒന്നിച്ചു ചേർത്തു വേണം ക്യാൻസറിലേക്കടക്കി പിന്നെ നമുക്കതിനൊന്ന് സമർപ്പിക്കാം കാശ്യപ സംഹിതയിലെ ഭാർഗവന്റെ വാക്കുകളിലേക്ക് സമർപ്പിക്കാം ഏകോ രോഗ രുചാകരണ സാമാന്യ അതാണ് ഭാർഗവന്റെ ചിന്ത രോഗം അതുകൊണ്ട് ഒന്നേ ഉള്ളൂ ദുഃഖം തന്നെയാണ് ഏകമേവ രോഗാനീകം ദുഃഖ സാമാന്യൻ ഇങ്ങനെയാണ് പറഞ്ഞത് അതിലേക്ക് സമന്വയിച്ചാലും മതി അത്രയൻ പുനർവസ്തു അത്രയൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ജീവകൻ ജീവകൻ്റെതാണ് കാശ്യവ സംഹിത വൃദ്ധ ജീവകീയം ബാലചികിത്സയിലെ അദ്വിതീയ ഗ്രന്ഥം ആധുനിക വൈദ്യശാസ്ത്രത്തിന് നൂറ് ശതമാനം സമ്മതനായ ഒരു പ്രാചീന ആചാര്യൻ ജീവകനാണ് ജീവകനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞാണെന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ ജീവകനെ കുറിച്ച് ആണോ ജീവകൻ വളരെ ഗംഭീരനാണ് ഒരുപാട് അത്ഭുത ഉള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കഥകൾ തന്നെ ഉണ്ട് അങ്ങനെയുള്ള ഒരാളാണ് രോഗം കർമ്മജമാണെന്നാണ് ഹാരീത സംഹിതാകാരനായ ആരീതൻ പറയുന്നത് അപ്പോൾ സുശ്രുതൻ ചരകൻ വാഗ്വടൻ ഭാർഗവൻ പുനർവസ്തുവാത്രയൻ ഹാരീതൻ ഇത്രയാണ് നമ്മളെ ഏതാണ്ട് കണ്ടത് ഇതിനെ അവലംബിച്ച് ഈ പഠനങ്ങളെ അവലംബിച്ച് വേണം ലക്ഷണങ്ങളിലേക്കും അതിൻ്റെ ചികിത്സാശാസ്ത്രങ്ങളിലേക്കുമൊക്കെ നമ്മൾ കിടക്കാൻ അതിലേക്ക് കിടക്കുമ്പോൾ അർബുദം നമ്മൾ നേരത്തെ കണ്ടു ഇത് പ്രാചീനമായൊരു പേരാണ് ക്യാൻസർ എന്നുള്ളത് അത് ഋഗ്വേദത്തിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടു ഇനി ആയുർവേദ ചിന്തകളിൽ പല ഭാഗങ്ങളിലായാണ് ക്യാൻസറിൻ്റെ രോഗതലങ്ങൾ കിടക്കുന്നത് പല ഭാഗങ്ങളിൽ ഉദരത്തിലാണ് കുറെ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനങ്ങൾ ലുക്കീമിയയുടെ വളരെ അടുക്കൂടെ പോകുന്നതാണ് ലുക്കീമിയ എന്ന് പറഞ്ഞൊരു രോഗി എത്തിയാൽ ആയുർവേദത്തിൽ എവിടെ നോക്കി കണ്ടുപിടിക്കണം എന്ന് രോഗിയുടെ നിദാനം നോക്കാൻ അറിയാൻ പറ്റാതെ വരികയും രോഗിയിലെ എവിടെയാണ് കോപം സഞ്ചയം കോപം പ്രസരണം സ്ഥാന സംശ്രയം വ്യക്തി മുതലായ തലങ്ങൾ മനസ്സിലാകാൻ പറ്റുന്നത് അവയിൽ എവിടെ വരെ ഈ രോഗമെത്തി ആ ഓരോ ലക്ഷണങ്ങളും എത്തുമ്പോൾ രോഗചികിത്സ നോക്കണം ഇന്നത്തെ വൈഷമ്യതാണ് അതിന്റെ സഞ്ചയം ചയിക്കുന്ന തലം അത് കഴിഞ്ഞാൽ ദോഷങ്ങൾ കോപിക്കുന്ന നില വാദം എന്ന വികാരമോ പിത്തമെന്ന വികാരമോ കപമെന്ന വികാരമോ കോപിക്കുമ്പോൾ വാദകപങ്ങൾ കോപിക്കുമ്പോൾ പിത്ത കപങ്ങൾ കോപിക്കുമ്പോൾ വാദ പിത്തങ്ങൾ കോപിക്കുമ്പോൾ വാദപിത്ത കപങ്ങൾ സർവലക്ഷണയുക്തിയ കോപിക്കുമ്പോൾ വൺ അറ്റായി ടു അറ്റായി ത്രീ അത് നിദാനത്തിന്റെ സ്ഥലങ്ങളിൽ കണ്ട് സംപ്രാപ്തിയുടേതായ വിവിധ ഘട്ടങ്ങളിൽ സംപ്രാപ്തി ഭേദങ്ങളിൽ മനസ്സിലാക്കി രോഗം പ്രസരിക്കുന്നത് എങ്ങനെയാണെന്നും ഏതേത് ധാതുക്കളെ സൂഷിപ്പിച്ച് കടന്നുപോകുന്നുവെന്നും ഏതേത് മലങ്ങളെ അവ ദൂഷിപ്പിക്കുന്നുണ്ടെന്നും അവ ഏത് സ്ഥാനത്ത് സംശ്രയിച്ചു നിൽക്കുന്നുവെന്നും അതെങ്ങനെ വ്യക്തമാകുന്നുവെന്നും അത് ഭേദത്തിലേക്ക് എത്തിക്കഴിഞ്ഞുവോ എന്നും ഏരിഷ്ടക്ഷണങ്ങളോ ഇഷ്ട ആണോ പ്രകടമാകുന്നത് എന്നും ഒക്കെ നോക്കിയിട്ട് അതിനെ അനുഗുണങ്ങളായ ഔഷധങ്ങളെ എന്നത് വളരെ പ്രയാസമാണ് കാരണം എന്താ ഏതെങ്കിലും ഒരു സ്ഥാനം കണക്കാക്കി അത് കൃത്യമായി കണ്ടെത്തി ഒരു ഔഷധം കൊടുത്ത് ആ രോഗിയുടെ രോഗത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അതിനേക്കാൾ മോശമായ ഒരു തലത്തിലേക്ക് പോകുന്ന ആഹാരമായിരിക്കും വൈദ്യനറിയാതെ വീട്ടിൽ രോഗിക്ക് ബന്ധുക്കൾ കൊടുക്കുന്നത് സാമൂഹ്യ തലമുറ അതുകൊണ്ട് ആയുർവേദ ചികിത്സ ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു അഞ്ചു ശതമാനം പേർക്ക് ഫലം കിട്ടാൻ സാധ്യതയുള്ളൂ സാമൂഹ്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ അത്ര കർക്കശനായിരിക്കണം വൈദ്യം മനസിലായില്ല അത് പോകുന്ന രോഗി തന്നെ പറയും അങ്ങോട്ട് പോകണ്ട കാരണം അയലടുക്ക് പോയാല് രക്ഷപെടുന്നതിനേക്കാൾ കഷ്ടവാ തെറി നിൽക്കുന്ന മരം കത്തി പോകുന്ന ചീത്തയാണ് വിളിക്കുന്നു പിന്നെ പോയി വെറുതെ ചീത്ത കേൾക്കാൻ പോണം മരിച്ചു പോയാ മരിച്ചു പോയെന്നേ ഉള്ളൂ എന്ന് പറയും അതിന് കാരണം ഇതാണ് കാരണം ആ സ്ഥാനത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ആ സ്ഥാനം നിർണയിക്കാൻ തന്റെ ഏകാഗ്രതയെ ഉപയോഗിച്ച് കോപം പ്രസരണം സഞ്ചയം സഞ്ചയം പ്രസരണം സഞ്ചയം കോപം പ്രസരണം സ്ഥാന സംശ്രയം മുതലായവയൊക്കെ നോക്കി മരുന്ന് എത്ര കുറഞ്ഞ സമയം കൊണ്ട് ഏകാഗ്രതയ ദോഷങ്ങളുടെയും ദൂഷ്യങ്ങളുടെയും മലങ്ങളുടെയും തലം മനസ്സിലാകുന്നു അത്ര വേഗത്തിൽ ഫലം ഉണ്ടാവും ഏകാഗ്രത ഭംഗം വരുമ്പോൾ സമയം കൂടും ഇപ്പോൾ സങ്കല്പവികല്പങ്ങൾ വൈദ്യ മനസ്സിൽ വന്നു നിറയും മനസ്സിലായില്ല പിടിയില്ല കൊറേ സമയം എടുക്കുമ്പോ ഇത് അതാണോ ഇതാണോന്ന് ശങ്കുണ്ടാവും ശങ്ക വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ കുറിക്കാനൊന്നും പറ്റില്ല പിന്നൊരു ഊഹ കച്ചവടം നടത്താനേ പറ്റുള്ളൂ മറ്റല്ലോ ഇവിടെ തടസ്സം നിൽക്കുന്നത് സാമൂഹികത കല്യാണം അടിയന്തിരം മനസ്സിലായില്ല പണ്ടുകാലത്ത് ഇല്ലാത്ത രാവിലെ ഏറ്റ് വീട്ടിൽ നിന്ന് വയറനിറച്ച ആഹാരം കഴിച്ച് ഇറങ്ങി പടിക്കലേക്ക് ഇറങ്ങി ഒന്നര കിലോമീറ്റർ നടന്ന് തൃപ്പൂണിത്തുറ ജംഗ്ഷനിൽ എത്തിയപ്പോൾ എസ് ജംഗ്ഷന്റെ അടുക്കൽ നിൽക്കുന്ന കൂട്ടുകാരൻ വാടാ പൂവേ എന്ന് പറഞ്ഞ് വളരെ നിർബന്ധിച്ച് ഹോട്ടലിലേക്ക് ബേക്കറിയിലേക്ക് ചായ വിളിക്കുമ്പോൾ ഞാനെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പഥ്യമാണ് നിന്റെ പഥ്യം ഇന്നത്തെ കാലത്ത് ആരാടായിരുന്നു വിശ്വസിക്കുന്നു വിളിച്ചു അകത്ത് കയറ്റി നിർബന്ധിച്ചു കഴിച്ചു ഇനി കഴിക്കാതെ അവന്റെ അടുക്കൽ ഇരുന്നാൽ ഇവൻ ഇതെല്ലാം വലിച്ചു കയറ്റുമ്പോൾ ഈ സ്രവങ്ങളൊക്കെ ഉണ്ടാവും ഒന്നര ലിറ്റർ മിതിരൊരു ദിവസം ഉണ്ടാവും അത് ഈ കണ്ടാലും ഉണ്ടാവും മനസിലായില്ല ഇതൊക്കെ ചെന്നകത്തോട്ടിയെല്ലും കുഴപ്പമോ സാമൂഹികത വലിയൊരു പ്രശ്നമാണ് കാരണം കഴിച്ചാൽ കഴിച്ചില്ലെങ്കിൽ ആ കൂടെ കയറിയാൽ കയറിയില്ലെങ്കിൽ ആ വലിച്ചു സാധനങ്ങൾ രണ്ട് തകരാറാണ് ഒന്ന് ഞാൻ പഥ്യം കഴിച്ചില്ല അവന്റെ കൂടെ പോയിട്ട് കരിയില്ല കാരണം ഒന്നര മണിക്കൂർ മുമ്പ് മൂന്ന് മണിക്കൂറാകുന്നതിന് മുമ്പ് ജീർണാജീർണ ലക്ഷണങ്ങൾ നോക്കാതെ കഴിച്ച ആഹാരം ദഹിക്കാൻ ശ്രവങ്ങൾ ഓരോന്നോരോന്നായി പുറപ്പെട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ കത്താൻ തുടങ്ങിയ അഗ്നിയുടെ മുകളിലേക്ക് വീണ്ടും വിട്ട ആ അഗ്നിയെ താൽക്കാലികമായി കെടുത്തി പുകയും ചൂടും ചൂരും വരുമ്പോൾ മനസ്സിലായില്ല ഇതറിയാം പറമ്പ് കളച്ചിട്ടുണ്ടെങ്കി അറിയാം പറമ്പ് കളിക്കാറുണ്ടോ ഇല്ല ഏ ഇല്ല പറമ്പിൽ ഈ കപ്പയ്ക്കൊക്കെ ഒരുക്കും പണ്ട് കാലത്ത് കണ്ടിട്ടില്ല അന്നേരം ഈ ആളുകൾ എന്തായാൽ ചിലര് മടിയന്മാരായതുകൊണ്ട് ഒരു മഴ പെയ്തു കഴിഞ്ഞേ പറമ്പ് ഒരുക്കുകയുള്ളൂ കപ്പ ഇടലും ഒക്കൂടെ ഒന്നിച്ച് നടക്കുമല്ലോന്നു കഴിഞ്ഞു കണ്ടിട്ടില്ല ഇപ്പോൾ നേരത്തെ എല്ലാം ഒരുക്കി കൂനയൊക്കെ റെഡിയാക്കി വെച്ച് ആദ്യത്തെ മഴയ്ക്ക് കപ്പക്കൂല കൂട്ടും ഇവരും ആദ്യത്തെ മഴയ്ക്ക് കൂട്ടും ഒരുക്കിയിടുന്നോണ്ടാവില്ല പിള്ളരും തള്ളയും തന്ത് എല്ലാം കൂടെ കൂടി ഒന്നിച്ചങ്ങോട്ട് ഇറങ്ങി ഒറ്റയടിക്ക് എല്ലാം കൂടെ വലിച്ചു കൂട്ടി ആ കിടക്കുന്ന നനഞ്ഞതും ഒക്കെ കൂടി ഉണങ്ങിയതെല്ലാം കൂടെ അടിയിലിട്ട് ഉണങ്ങാത്ത പച്ചയൊക്കെ കൂടെ കൂടി പറിച്ച് മോളിലിട്ട് അടിയിലൊരു തീവും കൊടുത്തു അപ്പൊ ഈ വാഴയുടെ തണ്ടും തടയുമൊക്കെ ഇങ്ങനെ ശബ്ദം കേൾക്കാം കേട്ടിട്ടില്ല പൊട്ടോ കൊടോന്ന് കൂട്ടും വലിയ ബോപ്പ് പോലെ കൂട്ടുന്നു ചില വലിയ ശബ്ദങ്ങൾ ഉണ്ടാവും ചിലതൊരു ചീറ്റി പോവും ചീറ്റി പോവും കേട്ടിട്ടില്ല എഴുതിട്ടില്ല ആ ചിലത് ചെറുതായിട്ട് ചീറ്റിപ്പോവും ചിലത് കൊടവന്ന് പൊട്ടും ചിലതൊന്ന് മൂളിത്തീരും മനസ്സിലായില്ല ഏ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതിനിടയ്ക്ക് ചില സാധനങ്ങൾ ഈ പച്ചയ്ക്ക് കത്തുമ്പോഴുള്ള ദുർഗന്ധങ്ങൾ ഉണ്ടാവും വല്ലാത്ത പുകയും ഉണ്ടാവും ആ പുകയ്ക്കൊക്കെ ദുർഗന്ധം ഉണ്ടാവും ഇതുപോലെ തന്നെയാണ് രാവിലെ ഒരു ആഹാരം കഴിച്ച് തീയൊക്കെ ഇങ്ങനെ പിടിച്ച് കത്തി പിടിക്കാൻ തുടങ്ങുമ്പോഴേക്ക് അതിന്റെ പൊക്കത്തിലേക്ക് ഇതെല്ലാം കൊണ്ടും അപ്പോഴാണ് ഈ ബുംപും പരിമളന്ന അസ്തി കൂടെ കൂടിയുള്ള ശരിയല്ല പൊട്ടലും ചീറ്റലും അല്ലേ ഏ കിളികരച്ചിലും വേളമൊക്കെ ആയിട്ട് അപ്പോഴാണ് ഗ്യാസ് ആണ് എന്നല്ലേ എന്നോട് പറയാ സർവത്ര ഗ്യാസാണ് ഈ നിങ്ങളുടെ ഫോർമാലിറ്റി ഉണ്ടാക്കി തരുന്ന സാധനമായത് മനുഷ്യൻ ആദ്യം അവന്റെ ഫോർമാലിറ്റിന്നും ഫൈമാലിറ്റിന്നും ഒക്കെ മാറണം അപ്പൊ രക്ഷപ്പെടും ഒരാഹാരം കഴിച്ചാൽ അതിന്റെ ജീർണാജീർണ ലക്ഷണങ്ങൾ കഴിഞ്ഞു മാത്രമേ കഴിക്കാവൂ അതീത ഭോജനവും അകാല ഭോജനവും അതിൻ്റെ കാല തുടങ്ങിയ ന്യൂന ഭോജനങ്ങളെല്ലാം ഒഴിവാക്കണം അതൊക്കെ ഇന്നുണ്ടാവും അപ്പൊ ഇയാള് കഷ്ടപ്പെട്ട് കൃത്യമായൊരു നിർണയം ചെയ്തു തരുന്നതിനെ അതിജീവിക്കുവാൻ നിങ്ങളുടെ സാമൂഹ്യ വ്യവസ്ഥകളൊക്കെ എതിരാണ് അതിനിടയിൽ പോയി വേറൊരാളോട് തൽക്കാലത്തെ ഒരു വേദന വന്നപ്പോൾ ആ വേദന ഇതിൽ നിന്നുള്ള ആ മരുന്നും ആ രോഗവും തമ്മിൽ ചേർന്ന് അത് വേറൊരു രൂപത്തിൽ സഹായകമായി വരുന്നതാണെങ്കിൽ അതിനെ പരിഗണിക്കാതെ നേരെ പോയി അതിനെ അമർത്താൻ വേറൊരു മരുന്ന് അപ്പുറത്തുനിന്ന് കഴിക്കും അതിവിടെ ഉണ്ടൂല്ല മനസ്സിലായി അപ്പോൾ ഈ തലമൊക്കെ കിടന്ന് രോഗം അങ്ങ് പോകും പിടിച്ചു നിർത്താൻ വേദനയുണ്ടാവരുത് കഷ്ടപ്പാടുണ്ടാവരുത് എല്ലാ സാധനങ്ങളും കഴിക്കാൻ പറ്റണം രോഗം മാറണം ഇതിനൊക്കെ കൂടെ ഉള്ള ലോകം ഇന്ന് അന്വേഷിച്ചു കൂടുന്നത് ശരിയല്ല ഏ മരുന്നിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ കഴിക്കാൻ ആകരുത് ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസാണ് ഇന്നുള്ളത് ആദ്യന്മാരല്ല രോഗികൾ ആജ്ഞനായ രോഗിയെ മാത്രമേ ചികിത്സിക്കാവൂ എന്നാണ് ആയുർവേദത്തിന്റെ നിയമം അല്ലേ പെരുവൂ പുണ്യമുള്ളവനാണ് ആജ്ഞൻ അവൻ പറഞ്ഞാൽ മനസ്സിലാവും അതില്ലാത്തവനെ ചികിത്സിക്കരുത് മാറില്ല മാറ്റം കണ്ടാലും അവൻ കുളമാക്കിയേ വരുള്ളൂ മനസ്സിലായില്ല ഇത് വളരെ വ്യക്തമായി അവർ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് രോഗം കണ്ടുപിടിക്കുന്നതിൽ ഇത് ഏത് രോഗമാണ് ഏത് സ്ഥാനത്ത് നിൽക്കുന്നു അപ്പൊ ക്യാൻസറിലും ഇത് വളരെ നിർണായകമാണ് ക്യാൻസറിനെ ഒറ്റയടിക്ക് എല്ലാ അർബുദങ്ങളും എന്ന് പറഞ്ഞ് എഴുതുകയല്ല ആയുർവേദത്തിൽ ഉദരത്തിനകത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സ്പ്ലീനിൽ വരുന്ന ലിവറിൽ വരുന്ന എകിർതുതരം ജലോതരം ക്ലീഹോദരം മഹോദരം ഇവയിലെല്ലാം വരുന്ന ചേർന്ന് വരുന്ന രാജേഷ്മാവ് ക്യാൻസറിന്റെ ലക്ഷണയുക്തങ്ങളായ ചില ലക്ഷണങ്ങളോടുകൂടിയതാണ് ആ പാച്ചി ചില ഗ്രന്ഥങ്ങളിൽ എന്നും കാണും ആ കഴുത്തിലെ മുഴയൊക്കെ വരുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ടി വി പോലെയുള്ള അത് കണ്ടത്തിലെ ക്യാൻസർ നാളെ പരിണമിക്കാവുന്ന ിലെ ക്യാൻസറായി പരിണമിക്കാവുന്ന ലുഖീമിയായി ലിംഫോമയായി പരിണമിക്കാവുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്ന വകഭേദങ്ങളാണ് നോക്കിക്കഴിഞ്ഞാ വളരെ ചെറിയ മരുന്നുകളെ വേണ്ടു പലതിനും അഭിനിക്കോ ഒക്കെ വെറും എരിക്കിന്റെ എല്ലാം മതിയാവും എരിക്കിൻറെ ഇലയും കുറച്ച് ഇന്തു പോവും അരച്ച് വില്ലയാക്കി വെയിലത്ത് വെച്ചുണങ്ങി ഒരു ഗജപുടം ചെയ്ത് അതിന്റെ ഭസ്മെടുത്തു വെച്ചാൽ അർക്കപത്രം സ്ഥലമാണ് ഉണ്ടാക്കാനൊക്കെ താമസമാണ് അരയ്ക്കാനും പിടിക്കാനും എങ്കിൽ കുറെ വെളുത്ത ഏരിക്കിന്റെ ഇല അങ്ങോട്ട് നിരത്തുക അതിന്റെ മോളി കുറച്ച് ഇന്തുപൂ അരി ഇടുക അതിന്റെ മോളി കുറച്ച് ഏരിക്കല വെറുക്കിയിടുക വീണ്ടും ഇന്ത് പൂവരി ഒരു കലം ആ കലം നല്ലപോലെ ആ വേറൊരു കലം കൊണ്ട് നല്ലപോലെ ശീലമണ്ണം ചെയ്ത് അടി തീയിട്ട് കത്തിച്ച് അത് മുഴുവൻ ഭസ്മമായി വരുന്നവരെ കത്തിച്ചു കഴിഞ്ഞാൽ ഭസ്മെടുത്ത് വെച്ചിട്ട് അതിലൊരൽപ്പം തൈരനകത്ത് കൊടുത്താൽ അവജിയും കുടിഹോദരവും മാറും അർക്കപത്രം സ്ഥലമാണ് വളരെ എളുപ്പമാണ് അതിലാ അവജി കുരുക്കൾക്ക് കാക്കാതന്നെ കരഞ്ച തൈലം പുരട്ടാനും കഴിക്കാനും കാക്കത്തൊണ്ടി വരും കരഞ്ചം പൊങ്ങും ഉങ്ങിൻ്റെ എണ്ണ കാക്കത്തൊണ്ടി ടൂങ്ങിൻ്റെ എണ്ണ കാച്ചി എടുക്കുന്ന കാക്കാതന്യ കരഞ്ചൈലം എന്ന് പറഞ്ഞൊരെണ്ണം നല്ല ഫലപ്രദമാണ് അപ്പോ ഉദരത്തിലാണെങ്കിൽ വെറും നിലമ്പറേണ്ട മതിയാവും ലിവറിലെ ക്യാൻസറിനൊക്കെ അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ എവിടെയാണ് എപ്പോഴാണ് എത്രത്തോളമാണ് എത്ര വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കി ഒരുപാട് മരുന്നൊന്നും വേണ്ടി വരില്ല നല്ല നിലമ്പറേണ്ട മതിയാവും ചെറുക്കുള്ളടി ത്രിപാദി വലിയ വൈദ്യക്കാർക്കൊക്കെയാണ് മരുന്ന് കൊടുക്കുന്നതെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ മരുന്ന് വെറുതെ എഴുതി കൊടുത്തേക്കണം കൂടെ വൈദ്യന്മാരാരെങ്കിലും ഒരുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദാനി പറഞ്ഞ പോലെ രോഗികൾ കേൾക്കുകയും വേണ്ടി ചോദിച്ചോ ഏതാ ചോദിച്ചോ ആവോ ഇല്ല ഇല്ല ഇല്ല അതുകൊണ്ട് കാരണം ഈ മനസ്സെന്ന് പറയുന്ന സാധനം കൂടെ വരണം ലക്ഷം ചിലവാക്കിയിട്ട് വരുമ്പോ രണ്ട് രൂപയുടെ മരുന്ന് കൊണ്ട് മാറുക സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെ മാറിയാൽ അവൻ സ്വയം കത്തിയേറ്റി സ്വയം മരിക്കും കാരണം നമ്മുടെ ശാസ്ത്രവും നമ്മുടെ ഗവേഷണവും നമ്മുടെ ഇത്രയും വിദ്യാഭ്യാസവും മോശമാകുന്ന സഹിക്കാൻ പറ്റില്ല കജനാവിൽ എത്ര കാജുണ്ടായി കൊടുത്താൽ ഇത്രയും പരീക്ഷണം നടത്തിയത് അത്രയും പരീക്ഷണങ്ങൾ വളർന്നു നിൽക്കുമ്പോൾ ഇത്ര നിസ്സാരമായ സാധനം കൊണ്ട് മാറിയാൽ അത് നോബൽ സമ്മാനാർഹമായ കാര്യമാണെന്നും അതുകൊണ്ട് അങ്ങനെയൊന്നും മാറിക്കൂടെന്നും രോഗിക്കും ബന്ധുവിനും തന്നെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിർബന്ധമുണ്ട് എനിക്ക് കേക്കാൻ വരാം നോന്നാണോ എസ് എന്നാണോ പറയുന്നത് തൃപ്തിയായി ഞാൻ ആദ്യം വിചാരിച്ചു നോന്നാണോന്ന് നിങ്ങൾ പറഞ്ഞു അത് ഉറപ്പാണ് ഇന്ത്യയിലെ സാധാരണഗതിയിൽ പരമ ദാരിദ്ര്യവാദിയായിട്ട് ജീവിക്കുന്നവനാണെങ്കിലും നാലണയുടെ വിദ്യാഭ്യാസ അവൻ ഉണ്ടെങ്കിൽ അവൻ അവന്റെ കൊച്ചിനെയോ അവൻ്റെ തള്ളയോ തന്തയോ കൊണ്ടുപോയി ചികിത്സയ്ക്ക് വിധേയമാക്കുമ്പോൾ ഇന്നലെ ചിലവാക്കിയ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് മാറിയിട്ടില്ല എന്നൊരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ അത് മാറിക്കൂടാ എന്നവന് നിർബന്ധമുണ്ട് എന്തു കൊടുത്തു അവൻ അവൻ സമ്മതിക്കില്ല ഇന്ത്യൻ മനസ്സിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നിങ്ങളെയും എന്നെയും നമ്മൾ നോക്കിയാൽ പരസ്പരം യാതൊരു സംശയം വേണ്ട അതിന്റെ ഉത്തരം രോഹിക്ക് ഒരു അല്പ ആശ്വാസം അധികം ചെലവില്ലാതെ ഉണ്ടായ വല്ലാത്ത ഒരു അസ്വസ്ഥത വിദ്യാഭ്യാസമുള്ള വീട്ടിലെ അംഗങ്ങൾക്ക് ഉണ്ടാകാൻ തുടങ്ങും ഇങ്ങനെ കിടന്നാ ഇങ്ങനെ അടുക്കപ്പോയിരുന്ന വേദന ഇപ്പില്ലേ മോർഫിൻ തന്നില്ലല്ലോ വേദനിക്കുന്നില്ലേ എനിക്ക് വേദന ഇല്ല ഇപ്പൊ എങ്ങനെയാ മാറി എന്നറിയില്ല ഇപ്പൊ വേദന തോന്നുന്നില്ല അപ്പൊ ഞെക്ക് നോക്കേ ഇവിടെ വേദനിക്കുന്നില്ലേ വേദന ഉണ്ടാക്കി വേദന ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ബന്ധുവിന്റെ വിദ്യാഭ്യാസം ആ കശക്കി എറിയുന്നത് മനസിലായില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല ഏ അവസാനം മരിച്ചാൽ ഞാൻ അമ്മേനെ പറഞ്ഞില്ലേ ഇതിനൊന്നും യാതൊരു പരിഹാരവും ഇല്ല ഇതൊരു സമാനാന്നറിയോ ഒരു ലക്ഷം രൂപ ലോട്ടറി അടിച്ചതിൽ ഇത്രയും സമാനമില്ല അപ്പോഴാണ് ഇവനൊന്നും നെടുവേൽപ്പെട്ട് മര്യാദയ്ക്ക് ചാരിക സേന ഒന്നിരിക്കുന്നത് സമാധാനമായി ഒരംഗം കഴിഞ്ഞു ഞാൻ പറഞ്ഞത് ചിലരെ തല ഉലുക്കി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റുകയല്ലോ ഞാൻ പറഞ്ഞത് ഇതാണ് പ്രശ്നം